ൾ സ്വർഗരാജൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു മൂന്നാം മണി നേരത്തും പുറപ്പെട്ടു മറ്റ് ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുകയും ന്യായമായത് തരാം എന്നു അവരോട് പറഞ്ഞു അവർ പോയി അവൻ ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും ചെന്നു അങ്ങനെ തന്നെ ചെയ്തു പതിനൊന്നാം മണി നേരത്തും ചെന്നു മറ്റു നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായകൊണ്ടത്രേ എന്നു അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൽ എന്നും അവരോട് പറഞ്ഞു സന്ധ്യായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ചു പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്നു പറഞ്ഞു അങ്ങനെ പതിനൊന്നാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി മുൻപൻമാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു അവർക്കും ഓരോ വെള്ളിക്കാശ്ശ് കിട്ടി അത് വാങ്ങിയിട്ടു വീട്ടുടേവന്റെ നേരെ പിറുപിറുത്തു ഈ പിമ്പന്മാർ ഒരു മണി മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ പാരവും വെയിലും സഹിച്ച് ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത് സ്നേഹിത ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല നീ എന്നോട് ഒരു പണം പറഞ്ഞു ഒത്തില്ലയോ നിന്റേത് വാങ്ങി പോയിക്കൊള്ളുക നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സിലാക്കി എനിക്കുള്ളതിനെക്കൊണ്ട് മനസ് കൊല ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാകൊണ്ട് നിന്നെ കണ്ണുകടിക്കുന്നുവോ ഇങ്ങനെ പിൻപന്മാർ മുമ്പൻമാരും മുമ്പൻമാർ പിൻപന്മാരും ആകും യേശു എരിശിലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വേറിട്ട് വഴി വെച്ച് അവരോട് പറഞ്ഞത് നാം എറിശലേമിലേക്ക് പോകുന്നുവല്ലോ അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും അന്നു സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കവണ്ണം നമസ്കരിച്ചു അവനോട് ഒരു അപേക്ഷ കഴിച്ചു നിനക്ക് എന്തു വേണം എന്നു അവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരളി ചെയ്യണമേ എന്ന് പറഞ്ഞു അതിനുത്തരമായി യേശു നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിപ്പാണ്ടിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിയും എന്നു അവർ പറഞ്ഞു അവനവരോട് എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല എന്റെ ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്നു പറഞ്ഞു ശേഷം പത്ത് പേർ അത് കേട്ടിട്ടു ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു യേശു അവരെ അടുക്ക വിളിച്ചു ജാതികളുടെ അധിപന്മാർ അവർ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാനിച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകെയണം നിങ്ങൾ ഒന്നാമനാകുവാനിച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകേണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുകൂലിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ പറഞ്ഞു അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരോ അവനെ അനുഗമിച്ചു അപ്പോൾ വഴിയേരിയെ രണ്ട് കുരുടന്മാർ യേശു കടന്നുപോകുന്നത് കേട്ടു കർത്താവേ ദാവീതു ഞങ്ങളോട് കരണ തോന്നണമേ നിലവിളിച്ചു മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവേ ദാവീതുപുത്ര ഞങ്ങളോട് കരണ തോന്നണമേ അധികം നിലവിളിച്ചു യേശു നിന്നു അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവെ ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം എന്നു അവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞു അവരുടെ കണ്ണു തോട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു